the ലക്ഷണമിതം സർം തസ്യ ഭൂതംഭവ് ഭവിഷ്യതം തദ്യൂറ സ്വപ്നസ്ഥാനോ സപ്തോനവിശതി മുഖ്യോമം ഗാമയത്തെ പശ്യം പ്ര മയോഹ്യാനന്ദഭുക്േദോ മുഖപ്രാതൃതീയ പദേശ്വര എം ദമി എമോനി ോഹിഭൂത്ത നന്ദ്രജ്ഞം നഹിപ്രജ്ഞം നേദ പ്രജ്ഞം നം നദൃശ്യം അമ്മ്യവഹാര്യം അഭ്യാസം അലക്ഷണം അചിന്യം അഭ്യപദേശം ഗീതാത്മ പ്രത്യസാരം പ്രപഞ്ചോ വിഷമം ശാന്തം ശ്രീന് ചർത്ഥം മഞ്ഞന്തി സാത്മാജ്ഞേയ ൈശാല മാത്രീരാതിനി ആപോലി സർവാൻ കാതിഷ്ടോദ സ്വപ്നസ്ഥാനേജസ ഉോ ദ്വൈനസമാനശ്ചോദീന സമവിഭോതി ൃദ മാത്രഥോഹി പ്രപഞ്ചോ വശ ൈതാര ആത്വ സമിഷ മുണ്ടമ വി കഥം തതി ഖാദ്യ ചിത്ത സതിപര്യച്ചവ്യ ഹിന്ദു എന്ന് പറയുന്നത് വിപര്യാസഹ്രമമാണോ എന്നാണ് ഈ പ്രപഞ്ച അനുഭവം ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അനുഭവം അത് ഈ പ്രപഞ്ച വിഷയം കൂടാതെയുള്ള അനുഭവമാണ് അമ്മ വിഷയവും വാസ്തവത്തിനും നിലനിൽക്കുന്നില്ല നിലനിൽക്കാതെ തന്നെ ഇല്ലാതെ ഒന്നിനെ കുറിച്ചുള്ള അനുഭവമാണ് അതസ്മിൻ തദ്ബുദ്ധി ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ പഠിച്ചു ഇല്ലാത്ത ഒന്നിനെ അനുഭവം വിപര്യാസം എന്ന് ഈ അനുഭവത്തെ ഭ്രമം എന്ന് പറയേണ്ടി വരും തർക്ക അസതി ഫടാദവും ചിത്ത അങ്ങനെ വന്നാൽ എന്തുവരും പദാർത്ഥങ്ങളില്ലാതെ തന്നെ ചിത്തം പദാർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു അല്ലെങ്കിൽ ചിത്തം തന്നെ പദാർത്ഥ രൂപത്തിൽ ഭാസിക്കുന്നു അസതി ഘടാദു ഘടാതികളില്ലാതിരിക്കും ഘടാതി അഭാസത വസ്തുക്കളായുള്ള അപ്രതീ എന്നിൻ്റെ ചിത്രത്തിന്റെ ചിത്രത്തിന് അങ്ങനെയൊരു കഴിവുണ്ട് വസ്തുവില്ലെങ്കിലും അതിനെ പ്രകാശിപ്പിക്കും ഇല്ലാത്ത ഉണ്ടാകി പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുക്കളുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു ഇതാണ് വിപര്യാസം അഥാത് അവിപര്യാസ കൊച്ചി വർത്തവ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ദോഷം വരും എന്താണോ എവിടെയെങ്കിലും ഒരു ഭ്രമം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് രജസർപ്പം അങ്ങനൊരു ഭ്രമം ആയിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകണമെങ്കിൽ മുമ്പ് എവിടെയെങ്കിലും ഒരു യഥാർത്ഥ സർപ്പത്തെ കണ്ടിരിക്കും യഥാർത്ഥ സർപ്പത്തെ കാണുന്നവനാണ് സർപ്പഭ്രമുണ്ടാകുന്നത് വെള്ളി എന്താണെന്ന് അറിയുന്നവനാണ് മുത്തച്ചിപ്പിയിൽ വിചേദഭ്രമം ഉണ്ടാകുന്നത് ഒരു ഭ്രമത്തെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ ഭ്രമം ഉണ്ടാക്കുന്നതിന് നിമിത്തമായ സത്യവസ്തുവിനെ അംഗീകരിക്കേണ്ടി വരും അങ്ങനെയല്ലാതെ ഇവിടെ ഭ്രമം കാണാനേയില്ല അതാണ് ഭൂർപക്ഷി പറയുന്നത് തഥാസതി അവിപര്യാസഹ അവിപര്യാസമില്ലായിരിക്കുക ആത്മഭിന്നമായ ഏതെങ്കിലും ഒരു സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കണം എന്നാല് പിന്നീട് ഭ്രമം ഉണ്ടാകത്തുള്ളതിനാണ് സാധാരണ കണ്ടുവരുന്നു അങ്ങനെയാണ് എവിടെങ്കിലും സത്യമായ ഒരു വസ്തുവിന്റെ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് ഭ്രമം ഉണ്ടാകുന്നത് എന്ന കാര്യത്തെ കുറിച്ച് പറയാം എന്താണ് നിമിത്തം സദാചിത്തം കാര്യം വിഷയം അതീത അനാഗത വർത്തമാൻ സദാചിത്തം സംസ്പേ നിമിത്തം എന്നതിലൂടെ വിഷയം നടക്കും മൂന്ന് കാലത്തിനും എങ്ങനെ അതീത അനാഗത പർത്തമാണ് കഴിഞ്ഞ കാലം വരാൻ പോകുന്ന കാലം വർത്തമാനകാലം ഈ മൂന്ന് കാലത്തിലും ചിത്തം സംസ്കൃശം ചിത്തം ഒരിക്കലും നിന്നും ബാഹ്യമായൊരു വിഷയത്തെ അത് വിഷയമാക്കുന്നതേയില്ല ചിത്തം തന്നെയാണ് വിഷയമായി കാണുന്നത് എന്നുപോലെ സ്വപ്നം പോലെ സ്വപ്നത്തിലൊരിക്കലും ചിത്രം ആ ചിത്തത്തിൽ നിന്ന് ഭിന്നമായ ഒരു വിഷയത്തെ കാണുന്നില്ല അവിടെ ആ കാഴ്ചയായും കാണുന്ന വസ്തുവായും നോക്കുന്നത് ചിത്തം തന്നെ മൂന്നു കാലത്തിന് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മൂന്നവസ്ഥയിൽ സംഭവിക്കുന്നില്ല ഈ ജാഗ്രതയിൽ തന്നെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളും സംഭവിക്കുന്നു ിൽ സംസ്പശേ ദോ അവിപ്യാസഹ പരമാത്മി എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിത്തം ഒരു യഥാർത്ഥമായ സർപ്പത്തെ കണ്ടു പിന്നീട് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ ഇരുട്ടിൽ അവിടെ ബ്രഹ്മസർപ്പത്തെയും കണ്ടു ഇന്ന് വരികയാണെങ്കിൽ ശരി പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ സംഭവിക്കുന്നില്ല എവിടെയെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു യഥാർത്ഥത്തിൻ്റെ ഒരു ചെറുപ്പമുണ്ട് പിന്നെ ബ്രഹ്മസർപ്പമുണ്ടെന്ന് പറയാമായിരുന്നു ചോദിക്കും അങ്ങനെയാണല്ലോ കാണുന്നത് അങ്ങനെ യഥാർത്ഥത്തിൻ്റെ ഒരു ചെറുപ്പമുണ്ടും ചെറുപ്പത്തെ കണ്ടും അത് കഴിഞ്ഞ് പിന്നീട് ഭയം കൊണ്ട് വേറെടുത്തോ അങ്ങനെ ഉണ്ടെന്ന് തോന്നി ഇത് രണ്ടും രണ്ടായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത് അപ്പൊ ഭ്രമം എന്ന് പറയുന്നത് എന്താണോ ഒന്നിനെ സത്യമായി അനുഭവിക്കുന്നത് കൊണ്ട് അത് സത്യമാകത്തില്ല മറ്റേ അസത്യത്തെ സത്യമായി അനുഭവിക്കുന്നതാണ് ഭ്രമം പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ ഒന്നിനെ നമ്മൾ സത്യമായി അനുഭവിക്കുന്നു മറ്റൊന്നിനെ സത്യമല്ലെന്നും അനുഭവിക്കുന്നു ഞാൻ നേരത്തെ കണ്ടത് യഥാർത്ഥത്തിലുള്ള സർപ്പത്തെയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഈ കണ്ടത് വെറൊരു തോന്നലാണ് അത് സർപ്പമായിരുന്നില്ല എന്നാണ് അനുഭവം യഥാർത്ഥമായി ഉണ്ടല്ലോ നേരത്തെ യഥാർത്ഥമായി കണ്ടത് യഥാർത്ഥമായി കണ്ടതും പരമാർത്ഥമായിരുന്നില്ല അതീത അനാഗത വർത്തമാന ഈ മൂന്ന് കാലങ്ങളിലും ആ സർപ്പം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ ഭ്രമം വരേണ്ട കാര്യമില്ല നമ്മുടെ മുമ്പിൽ ശരിയായ സർപ്പമാണെങ്കിൽ പിന്നെ ഭ്രമത്തിന്റെ ആവശ്യം നേരത്തെ കണ്ടിരുന്ന അതും ഇപ്പോ നിലവിലില്ല എന്ന് പറയുമ്പോൾ അത് സത്യമല്ല സത്യമാണെങ്കിൽ നിലനിൽക്കണം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ക്ഷണം കൊണ്ട് മാഞ്ഞു പോയി രണ്ടും എന്താ വ്യത്യാസം കാലത്തിന്റെ വ്യത്യാസം അവിടെ കൂടുതൽ സമയം നമ്മളതിനെ കണ്ടു ഇവിടെ ക്ഷണത്തിൽ കണ്ടു എന്നുള്ള അത് സത്യവും ഇത് അസത്യവുമല്ല ഇതുപോലെ സ്വപ്നത്തെ കാണുന്നത് പോലെ സ്വപ്നത്തിലും ഒരു സർപ്പത്തെ കാണാം ദീർഘകാലം ആ സർപ്പം ജനിക്കുന്നതും വളരുന്നതും മരിക്കുന്നതും എല്ലാം അനുഭവപ്പെടാം സർപ്പദംശം കൊണ്ട് മരിക്കുന്നത് അനുഭവപ്പെടാം എല്ലാം സത്യമായി തന്നെ അനുഭവപ്പെടാം മറിച്ച് അവിടെ തന്നെ ഒരു സർപ്പഭ്രാന്തി ഉണ്ടാകാം സ്വപ്നത്തിൽ തന്നെ സർപ്പഭ്രമാഭവിക്കും സ്വപ്നത്തിൽ ഒരാൾ ഇരുട്ടത്ത് നടക്കുന്നു പെട്ടെന്ന് ആൾക്കൊരു ഭ്രമമുണ്ടായി ദീർഘകാലം സർപ്പത്തെ കണ്ടതുകൊണ്ട് സ്വപ്നത്തിന് സർപ്പം സത്യമാണെന്ന് പറയാൻ കഴിയില്ല മറിച്ച് എന്തു സ്വപ്നത്തിന് സർപ്പഭ്രമം ഉണ്ടായതുപോലെ തന്നെ സ്വപ്നത്തിലെ എല്ലാ സത്യാനുഭവങ്ങളും വ്യത്യാസം തന്നെ ഒന്നിന്റെ സംസ്കാരം കൊണ്ട് മറ്റൊന്നും ഉണ്ടായതല്ല അങ്ങനെ ധരിച്ചു പോവുകയാണ് സ്വപ്നത്തിന്റെ വാസ്തവ സർപ്പത്തിന്റെ അനുഭവം കൊണ്ട് പിന്നീടവിടെ ഭ്രമം ഉണ്ടായതല്ല എന്തുകൊണ്ട് ഇതെല്ലാം ചിലപ്പോൾ ഒരേ കാലത്ത് സംഭവിക്കാം സ്വപ്നത്തിൽ പല കാലങ്ങളിൽ സംഭവിക്കാം കാലദേശങ്ങൾക്ക് ജാഗ്രത പോലെയുള്ള വ്യവസ്ഥിതി ഉണ്ടായാലും ഇല്ലാതിരുന്നാലും സംഭവിക്കാം സ്വപ്നത്തിൽ എങ്ങനെയാണ് ചിലപ്പോൾ കാലദേശങ്ങൾക്ക് ഒരു വ്യവസ്ഥതി വരും അവിടെയും ഇന്നലെ ഇന്നും നാളെ ചില സമയത്ത് ആ വ്യവസ്ഥതി ഇല്ലാതവരും ഇന്നലെ ഇന്നും നാളെ എന്നുള്ള തുടർച്ച ഇല്ലാത്തവരും എന്തും അവിടെ സംഭവിക്കാം എന്ത്ഭവിച്ചാലും അവസാനം എന്ത് പറയുന്നു അതെല്ലാം വെറും തോന്നലായിരുന്നു ഒടുവിൽ ഉണരുമ്പോൾ ഉണർവിലേ അത് പറയാൻ കഴിയും അവിടെ അങ്ങനെ രണ്ട് സെർപ്പം ഉണ്ടായിരുന്നില്ല ഒരു യഥാർത്ഥ സർപ്പം പിന്നെ ഒരു കൽപ്പിത സർപ്പം അങ്ങനെ ഉണ്ടായിരുന്നു വ്യാഘ്രത്തിനും അതുതന്നെ സംഭവിക്കും ഇവിടെ എങ്ങനെ രണ്ട് സർപ്പം ദീർഘകാലം കാണുന്നു എന്നുള്ളത് അത് സത്യമല്ല സ്വപ്നം എങ്ങനെയാണോ അസത്യമായത് അതുപോലെ അല്പകാലം കൊണ്ട് എന്തായാലും അസത്യമല്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് കാലവ്യത്യാസം കൊണ്ട് അങ്ങനെ അതിൻ്റെ പ്രവൃത്തിയുടെ വ്യത്യാസം കൊണ്ട് ഒന്നിന് സത്യമെന്ന് പറയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ഉണരുമ്പോൾ അത് ബോധിക്കുന്നു അസത്യമാണ് അതുകൊണ്ട് ഈ ജാഗ്രതൽ ആദ്യ യഥാർത്ഥ സർപ്പത്തെ കാണുക അത് കഴിഞ്ഞിട്ട് പിന്നെ സർപ്പഭ്രാന്തി ഉണ്ടാകുക അതൊന്നും അല്ല സംഭവിക്കുന്നു യഥാർത്ഥമായി തോന്നിയാലും ഭ്രാന്തിയായി തോന്നിയാലും അത് ഭ്രമം തന്നെയാണോ എന്ന് ഈ ഭ്രമത്തിൽ നിന്ന് ഉണരുന്നവന് ബോധ്യപ്പെടുന്നു അല്ലാത്തവന് ബോധ്യപ്പെടത്തില്ല സ്വപ്നം വിട്ട് ജാഗ്രതത്തിലേക്ക് വന്നവനെ ബോധ്യപ്പെടും സ്വപ്നം ഭ്രമമാണോ അതുപോലെ ഈ ജാഗ്രതത്തിൽ നിന്ന് മുക്തനായവനെ ബോധ്യപ്പെടും ഇത് ഭ്രമമാണ് അതുകൂടെ കുറച്ചു കാലം കണ്ടാലും നീണ്ട കാലം കണ്ടാലും അതിലൊന്നും വ്യത്യാസമില്ല അതുകൊണ്ട് അങ്ങനെ ധരിച്ചിരിക്കുന്ന എന്താണ് ആദ്യം സത്യത്തെ കാണണം എന്നാലേ പിന്നെ ഭ്രമം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ കരുതുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് അതപേക്ഷയാ അസതി ഘടേ അതുകൊണ്ട് ആദ്യം യഥാർത്ഥത്തിലുള്ള വസുവിനെ കണ്ട് അതിനെ അപേക്ഷിച്ച് എന്ന് വച്ചാൽ അതിന്റെ സംസ്കാരം മനസ്സിലിരുന്നത് കൊണ്ട് പിന്നീട് ആ വസ്തുവിനെ കുറിച്ചൊരു ഭ്രമമുണ്ടായി എന്നാണ് പൊറോഷി പറയുന്നത് നതു തത് അസ്ഥി കഥാകിതവി ചിത്ത അർത്ഥ സംസ്പർശനം പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നല്ല ഇവിടെ ചിത്തത്തിൽ നിന്നും വേറിട്ടൊരർത്ഥമില്ലാത്തത് കൊണ്ട് അങ്ങനെ വേറിട്ട് ഒരർത്ഥവുമായിട്ടുള്ള ബന്ധം ചിത്തത്തിനൊരിക്കലും സംഭവിക്കുന്നില്ല ചിത്തം തന്നെ നാനാ തരത്തിലുള്ള അർത്ഥങ്ങൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് സംഭവിക്കുന്നത് നമ്മൾ ഭ്രമം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ ഉണ്ടായിരിക്കണം എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അനുഭവങ്ങളെ യഥാർത്ഥമൊന്നും ആ യഥാർത്ഥമൊന്നും ഉണ്ടായിത്തിരിക്കുന്നുകൊണ്ടാണ് പ്രപഞ്ചാനുഭവത്തിനങ്ങനെ രണ്ടനുഭവങ്ങളില്ല എല്ലാം ആ യഥാർത്ഥത്തിൽ തന്നെ പിന്നെന്താ വ്യത്യാസമുള്ളത് കാലദേശങ്ങളുടെ വ്യത്യാസം ദീർഘകാലത്തെ വ്യത്യാസം അല്പകാലത്തെ ആ വ്യത്യാസം അതേ ഉള്ളൂ ദീർഘകാലത്തെ അനുഭവം അല്പകാല അനുഭവം ദീർഘകാല അനുഭവത്തെ നമ്മൾ എന്ത് പറയുന്നു സത്യം അല്പകാല അനുഭവത്തെ നമ്മൾ ബ്രഹ്മം എന്ന് ദീർഘകാലത്തെ അനുഭവം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടതിനെ സത്യം എന്ന് പറഞ്ഞുകൂടാ സർപ്പബ്രഹ്മം അല്പകാല അനുഭവമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ അസത്യം എന്ന് പറയും സർപ്പത്തെ നമ്മളുടെ അനുഭവം ദീർഘകാലമാണ് അതിന്റെ അനുഭവം അവന്റെ ജനനം മുതൽ മരണം വരെ അതിന് നമുക്ക് നിരീക്ഷിക്കാം അല്ലെങ്കിൽ ഇനി കാണുന്നവൻ്റെ ജീവിതകാലം മുഴുവൻ അതിനെ നിരീക്ഷിക്കാം ആ ഒരു ക്ഷണം മനസ്സിൽ തോന്നി മാഞ്ഞു പോകുന്നതുപോലെ അതും എങ്ങനെ എന്ന് പറഞ്ഞാലോ പറയുന്ന ഒരു അനുഭവം ദീർഘകാലം നിലനിൽക്കുന്നുണ്ട് അതിന് പറയാൻ പറ്റത്തില്ല ജനനം മുതൽ മരണം വരെയുള്ള അനുഭവമാണെന്ത് ആകാശം നീലനിറമാണെന്നുള്ള അനുഭവം പക്ഷെ ദീർഘം നിൽക്കുന്നുണ്ട് സത്യമാണ് രൂപരഹിതമായ ആകാശത്തിന് രൂപമുണ്ടെന്ന് ധരിക്കുക അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നീലനിറം അത് ആകാശത്തിന്റേതാണെന്ന് ധരിക്കുക അത് ജനനം മുതൽ മരണം വരെയുള്ളതാണ് പക്ഷെ അതുകൊണ്ട് സത്യമാണെന്ന് കരുതാൻ പറ്റുകയല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന എന്താണോ ആകാശം അരൂപിയാണ് അവിടെ ഈ കാണുന്ന പ്രകാശം ആകാശത്തിൻ്റെതല്ല പക്ഷെ ബാലന്മാർ പറയും എന്താണോ അത് ആകാശം നീലമാണ് നീലനിറമാണെന്ന് പറയുന്നു അതുപോലെ പല അനുഭവങ്ങൾ മരുമരീചർഘകാല അനുഭവപ്പെടാം ഇത്രകാലം പ്രകാശം അവിടെ ഉണ്ടായിരിക്കുമോ അത്രയും കാലം അവിടെ ജലാനുഭവം ഉണ്ടാകാം അത് ദീർഘകാലം അനുഭവപ്പെടുന്നുണ്ട് സത്യം എന്ന് പറയാൻ പറ്റും ദീർഘകാലം അനുഭവപ്പെടുന്നത് കൊണ്ട് ഒന്നിനെ സത്യം എന്ന് പറയാൻ പറ്റത്തില്ല ഇനി പറയും ദീർഘകാലം അനുഭവപ്പെടുന്നത് മാത്രമല്ല സർപ്പം കടിക്കുന്നുണ്ട് ഈ സർപ്പം കടിക്കുന്നില്ല ആ സർപ്പം എഴയുന്നുണ്ട് ഈ സർപ്പം എഴയുന്നില്ല ആ സർപ്പം ഭയത്തെ ഉണ്ടാക്കുന്നു വെറുതെ ഭയത്തെ ഉണ്ടാക്കുകയല്ല അത് കടിച്ച് മുറിവേൽപ്പിച്ച് ഭയത്തെ ഉണ്ടാക്കി അത് കൊല്ലുന്നു അർത്ഥക്രിയാകാര്യത്തിൽ സഫലമായ പ്രവൃത്തികൾ അവിടെ ഉണ്ടാകുന്നു ഇതിലതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ സ്വപ്നത്തിനും സർപ്പവിതരണം ചെയ്യും സഫലപ്രവൃത്തി അവിടെ ഉണ്ടാവും അത് കടിക്കും പഠിച്ച ഭാഗത്തുനിന്ന് രക്തം വരും ഡോക്ടറെ കാണും ചികിത്സിക്കും മരിക്കും എല്ലാം സ്വപ്നത്തിനും സംഭവിക്കും അർത്ഥക്രിയാകാര്യത്തും സഫലപ്രവൃത്തി അവിടെയുണ്ട് അതുകൊണ്ട് അതിന് സത്യം എന്ന് ആ അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുഴുവൻ സത്യമാണ് സർപ്പദർശനും സ്വപ്നത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നും മരിക്കുന്നത് വരെ തൻ്റെ തന്നെ മരണം കാണുന്നത് വരെ അത് സത്യമാണ് പക്ഷെ ഉണർന്നാലും അത് സത്യമല്ല കാലം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദേശത്തിന്റെ എല്ലാം വ്യത്യാസം കൊണ്ടോ ഭ്രമാനുഭവങ്ങളൊരിക്കലും സത്യമാകത്തില്ല അങ്ങനെയാണെങ്കിലും സ്വപ്നം സത്യമാകണം അതുമാത്രവുമല്ല ക്ഷണികമാണ് സർപ്പാനുഭവം ഭ്രമം അതുതന്നെ എന്ത് ചെയ്യുന്നു ഭയത്തെ ഉണ്ടാകുന്നു അനുഭവം തീവ്രമാണെങ്കിൽ മരണം വരെ സംഭവിക്കാം ഒരാൾ ഇരുട്ടത്ത് ഭൂതത്തെ കൊണ്ട് ഭയക്കുന്നു ഭയം കൂടുതലായിട്ടുള്ള ആളാണെങ്കിൽ ഭൂതത്തെ കാണുന്നു ഒറ്റ നിരവിണി ആൾ ക്ലോസ് അധിക കാലമൊന്നും വേണ്ട ക്ഷണം കൊണ്ടെല്ലാം സംഭവിക്കാം ഭൂതമുണ്ടായിട്ടൊന്നുമില്ല വാഴയില കണ്ടിട്ടാണ് സംഭവിച്ചത് അതെങ്കിപ്പോ ഭൂതമാണെന്ന് തോന്നും ഇപ്പൊ ഭ്രമം കൊണ്ടും മരണം വരെ സംഭവിക്കാം ഭയം സംഭവിക്കാം ഹൃദയം തകർന്നു പോകാം അതിനൊന്നും സത്യത്തിൽ പുറമേ ഒന്നും വേണമെന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നു സഫലപ്രവൃത്തി നിമിത്തമായിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലായ്മ എന്ത് ചെയ്തു സഫലമായ പ്രവൃത്തി ഉണ്ടായി ഒന്ന് സഫലപ്രവൃത്തി ഉണ്ടാക്കുന്നു മരണത്തേക്കാൾ വലിയ സഫല പ്രവൃത്തിയില്ല അതുകൊണ്ട് അത് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് നത് തദസ്തി കഥാചിതവി ചിത്ത സംസ്പർശനം ചിത്തത്തിന് അർത്ഥസംസ്പർശനം യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുവുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും സംഭവിക്കുന്നേയില്ല നിങ്ങൾ ചെറുപ്പത്തെ സത്യമായി കണ്ടാലും ശരി അനുഭ്രമമായി കണ്ടാലും ശരി ഈ അനുഭവങ്ങൾ നിങ്ങൾ സത്യമെന്ന് ധരിച്ചാലും ശരി ഭ്രമമെന്ന് ധരിച്ചാലും ശരി രണ്ടിടത്ത് സംഭവിക്കുന്ന ഒന്ന് ചിത്തം തന്നെ അവിടെ അർത്ഥമായി തീരുന്നതേയുള്ളൂ അല്ലാതെ ചിത്തത്തിന് ഗ്രഹിക്കാൻ മറ്റൊരർത്ഥം അവിടെ ഇല്ല സത്യമായ ഒന്നുമില്ല തസ്മാ ആ നിമിത്തോ വിപര്യാസ കഥം തസ്യ ചിത്ത ഭവിഷ്യതി അതുകൊണ്ട് വിഷയമില്ലാത്ത ഒരു ഭ്രഹം ഗുരുപക്ഷി പറയുകയാണ് അതിന്റെ ഇടയ്ക്കാണ് സിദ്ധാന്തം കൂടി ചർച്ച ചെയ്തത് അനിമിത്തമായ വിപര്യാസം ഒരു വിഷയമില്ലാതെ വിഷയം എന്ന് വെച്ചാൽ വേറിട്ടൊരു വിഷയം ചിത്രത്തിൽ നിന്ന് വേറിട്ടൊരു വിഷയം കൂടാതെ കഥം തസ്യ ചിത്ത ഈ ചിത്രത്തിനെങ്ങനെ വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും എന്നാ കഥഞ്ചി വിപര്യാസു അസ്ഥി വാദ്യം സത്യമായൊരു വസ്തു വേണം നമ്മൾ ശരിക്കുള്ള ഒരു സർപ്പത്തെ കാണണം അതിനെ ഭയക്കണം അതിന്റെ സംസ്കാരം മനസ്സിൽ വേണം അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പേരുട്ടത്ത് ഒരു ഭ്രമം ഉണ്ടാകണം അത് അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് വരും ഇവിടെ അജാതപാദത്തിൽ പറയുന്നെന്താണോ ഈ പ്രപഞ്ച അനുഭവം തന്ന ഒരു ഭ്രമമാണ് വാസ്തവമല്ല വാസ്തവം എന്ന് തോന്നുന്നു പക്ഷെ വാസ്തവമല്ല അങ്ങനെയുണ്ട് വാസ്തവമൊന്നും തോന്നില്ല എന്നില്ല എന്ന് പറയുന്നില്ല വാസ്തവം തോന്നുന്നുണ്ട് പക്ഷെ അത് പരമാർത്ഥമുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിനും മറ്റെവിടെയോ ഒരു സത്യപ്രപഞ്ചം ഉണ്ടായിരിക്കും ആ സത്യപ്രപഞ്ചത്തിന്റെ സംസ്കാരം കൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ നമുക്കറിയാതെ അസംബന്ധമാണ് തന്നെ നമുക്ക് നേരെ ജോലി അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ പ്രപഞ്ച തന്നെ എന്താണെന്ന് പിടികിട്ടുന്നില്ല സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ ഇനി മറ്റൊരു പ്രപഞ്ചം അതിനെക്കുറിച്ച് സങ്കല്പിക്കാനേ സാധ്യതയുണ്ട് അപ്പൊ സത്യമായൊരു പ്രപഞ്ചത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടായി എന്നെല്ലാം വരും കൽപ്പന മാത്രമാണ് പിന്നെ എന്തുകൊണ്ട് ഈ വ്യത്യാസം സംഭവിക്കുന്നു എന്ന് ചോദിക്കും ഒരിടത്ത് സർപ്പത്തെ കണ്ടപ്പോൾ അത് സത്യമായി തോന്നി മറ്റൊരിടത്ത് അതൊരു ഭ്രമമായി തോന്നി എന്തുകൊണ്ട് ഈ വ്യത്യാസം വന്നു പറയുന്നു ചിത്ത ഇത് ചിത്തത്തിന്റെ സ്വഭാവം അതിനെ തന്നെയാണ് മായ അവിദ്യ എന്നെല്ലാം പറഞ്ഞു തിനെ ഉണ്ടാക്കി കാണിക്കും അതെന്താ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നത് അതാണ് ഇന്ദ്രജാലം കണ്ടിട്ടുള്ളവർക്കറിയാം ഇന്ദ്രജാലത്തിൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നു ഇന്ദ്രജാലം അല്ലെങ്കിൽ സാധാരണ അനുഭവത്തിലുള്ള നൂറുന്നൂറ് അനുഭവങ്ങളെടുക്കുക രജിസർപ്പം പോലെയുള്ള അനുഭവങ്ങൾ ധാരാളം അവിടെ തന്നെ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നു ഗുരുവന്റെ അനുഭവത്തിൽ അനേക ക്ഷണങ്ങളിൽ അത് വ്യക്തമാകുന്നു ഇല്ലാത്തതിന്റെ അനുഭവം ഉണ്ടാകാം എന്നുള്ള കാര്യം വ്യക്തമാകുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ അനുഭവങ്ങൾക്കും അടിസ്ഥാനപരമായിരിക്കുന്ന അത് തന്നെ ഇല്ലാത്തതിന് സത്യമെന്ന് തോന്നിക്കുന്ന ആ ശക്തി അതിനു ചിത്തസ്വഭാവം അല്ലെങ്കിൽ അവിദ്യ മായ എന്ന് പറയുന്നു അസതി നിമിത്തേ ഘടാതു തദ്വത് അവഭാസനം അതുകൊണ്ടെന്താ സംഭവിക്കുന്നു നിമിത്തേ ഘടാതോ അസതി നിമിത്തമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ഘടാദികളില്ലാതിരിക്കെ തന്നെ എല്ലാം തദ്വത് ഉള്ളത് പോലെ അനുഭവപ്പെടുന്നു സത്യം പോലെ അനുഭവപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടിതെല്ലാവരും അറിയുന്നില്ല ആരും ആ സത്യ അസത്യവിവേചനം ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിക്കുന്നില്ല ഈ അനുഭവങ്ങളെല്ലാം എന്തുകൊണ്ട് അസത്യമായിക്കൂടാ എന്ന് ചിന്തിക്കുന്നില്ല ചിന്തിക്കാതിരുന്നാൽ സത്യമായി തന്നെ അനുഭവപ്പെടും കാരണം സത്യമായി അനുഭവപ്പെടുന്നതും മറ്റൊരു തരത്തിൽ അനുഭവപ്പെടാൻ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണ് സത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് സത്യമല്ല പരമാർത്ഥമല്ല ചിത്രത്തിൽ നിന്ന് വേറെയാണെന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വേറെയല്ല നമ്മൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നത് വസ്തു പുറമേ നിലനിൽക്കുന്നു ആ വസ്തുവിനും മനസ്സ് ഗ്രഹിക്കുന്നു എങ്ങനെയുള്ള മനസ്സ് ആ വസ്തുവിൽ നിന്നും വേറിട്ട മനസ്സ് മനസ്സിൽ നിന്നും വേറിട്ട വസ്തുവിനെ ഗ്രഹിക്കുന്നു ഇതാണ് സാധാരണ അനുഭവം പറയുന്നു അതാണ് അനുഭവമെങ്കിലും ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണോ മനസ്സിൽ നിന്ന് വേറിട്ടൊരു വസ്തുവില്ല വസ്തുവിൽ നിന്ന് വേറിട്ട മനസ്സില്ല അങ്ങനെ ഗ്രഹിക്കുന്നത് ആ മനസ്സിന്റെ തന്നെ പരിണാമമാണ് സ്വപ്നം പോലെ മനസ്സ് തന്നെ നാനാ രൂപത്തിൽ പരിണമിക്കുന്നു ആ മനസ്സ് തന്നെ ഗ്രാഹ്യമായും ഗ്രാഹകനായും ഗ്രഹണമായും നിൽക്കുന്നു അറിയുന്ന വസ്തുവായും അറിവായും അറിയുന്നവനായും നിൽക്കുന്നു ജാഗ്രത്തിനും അത് തന്നെ സംഭവിക്കുന്നു അതിൽ ചില സ്ഥലത്ത് സത്യമാണെന്ന് മനസ്സ് തന്നെ പറയുന്നു ചില സ്ഥലത്ത് അസത്യമാണെന്ന് ആ മനസ്സ് തന്നെ പറയുന്നു ഇത്രയുള്ള വ്യത്യാസം അതിന് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു അതിനാണ് പറഞ്ഞത് സ്വഭാവ ചിത്തസ്യാണ് മായ എന്നോ അവിദ്യയെന്നോ പറയാം അതുകൊണ്ട് സംഭവിക്കുന്നു അതുകൊണ്ട് ഇവിടെ നിഷേധിച്ച കാര്യം എന്താണ് ഒരു ഭ്രമം ഉണ്ടാകുന്നതിന് ആ വസ്തുവിനെ കുറിച്ച് അനുഭവം ഉണ്ടാകണം എന്ന് കരുതുന്നു ശരിയല്ല അങ്ങനെ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ സത്യമായ വസ്തു അസത്യമായ വസ്തു എന്ന് അസത്യമായ തന്നെ സത്യമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു സി സംസത്തി അധ്വസദൃശോ അനിമത്തോ വിപര്യാസ കഥം തസ് ഭവിഷ്യത്തി ൃശ്യം ഖേ വൈ പശ്യത്തെ പദം പ്രജ്ഞപ് സ്ഥനിമിത്തേതന്തം വിജ്ഞാനവാദോ ബൗദ്ധനം പക്ഷതിഷേധപരം ആചാര്യ അനുമോദിതം നമ്മുടെ ഭാഷ്യകാരൻ പറയുന്നത് ആചാര്യൻ എന്ന് പറയുമ്പോൾ കൂടപാതാചാര്യൻ ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് ഇവിടെ ഇരുപത്തിയാറാമത്തെ കാര്യയിൽ പറഞ്ഞു പ്രജ്ഞപ്തേഹെ സനിമിത്തത്വം അവിടെ തുടങ്ങി നിമിത്തം എന്ന സദാചിത്വം ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ചർച്ച ചെയ്തു പ്രജ്ഞപ്തേഹെ സനിമിത്തത്വം ഇത്യാദി ഏതദന്തം വിജ്ഞാനവാദിനോ ബൗദ്ധ സവചനം ശരിക്കും വിജ്ഞാനവാദികളായ ബൗദ്ധാചാര്യന്മാരുടെ അഭിപ്രായമാണ് ഇവിടെ അതിനെ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതിൽ ബൗദ്ധദർശനത്തിന്റെ സ്വാധീനമുണ്ട് എന്ന് പറയുന്ന ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ് അതുതന്നെ പറഞ്ഞു പക്ഷെ അതിനുള്ള വ്യത്യാസമുണ്ട് ഇവിടെ എന്തിനെ സ്വീകരിച്ചു ബാഹ്യാർത്ഥവാദിപക്ഷതിഷേധപരം ബാഹ്യാർത്ഥവാദികളെ നിഷേധിക്കാൻ വേണ്ടി ബാഹ്യമായി വസ്തുക്കൾ ചിത്രത്തിൽ നിന്ന് ബാഹ്യമായി സ്വതന്ത്രമായി സത്യമായി വസ്തുക്കൾ നിലനിൽക്കുന്നു എന്നുള്ളതിനെ നിഷേധിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഒരു അംശത്തിൽ ും അദ്വൈതിയും തമ്മിൽ യോജിപ്പാണോ ബൗദ്ധന്മാരെന്താ പറയുന്നത് അതിൽ വിജ്ഞാനവാദ്യം വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് വസ്തുവില്ല ഇവിടെ അത് തന്നെ പറയുന്നത് അദ്വൈതിയും അത് തന്നെ പറയുന്നു ജ്ഞാനത്തിൽ നിന്ന് വേർട്ട് വസ്തുവില്ല കാര്യത്തിൽ രണ്ടു കൂട്ടർക്ക് യോജിപ്പാണ് അനുമോദിതം അത് ആചാര്യൻ ഗൌഢപാതാചാര്യൻ അതിനെ അംഗീകരിച്ചിരിക്കുന്നു സാധാരണ അദ്വീതി എന്ന് പറയും ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല വേറൊരു ഭാഷയിൽ ബോദ്ധന്മാര് പറയുന്നു ജ്ഞാനത്തിൽ നിന്ന് വേർട്ട് വസ്തുവില്ല ഈ ഒരു അംശത്തിൽ രണ്ടുപേർക്ക് യോജിപ്പാണ് അതുകൊണ്ട് ആചാര്യൻ അതിനെ സ്വീകരിച്ചു തദ്വ ഭേദം കൃത്വ തത്പക്ഷപ്രതിഷേധായ അതിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് തത്പക്ഷപ്രതിഷേധായ ആ വിജ്ഞാനവാദത്തെ തന്നെ അടുത്ത് നിരാകരിക്കുന്നു എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ വിജ്ഞാനവാദത്തേക്കാൾ അല്ലെങ്കിൽ വിജ്ഞാനവാദത്തിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അദ്വൈതിക്ക് പറയണം എന്നാൽ വിജ്ഞാനവാദത്തെ പാടെ നിഷേധിക്കുന്നുമില്ല ചില അംശങ്ങളല്ല അതിനെ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ വിജ്ഞാനവാദത്തെ ഏതെങ്കിലും ഒരു അംശത്തിൽ അംഗീകരിച്ചാൽ ആ ഒരു അംശത്തിൽ ബൗദ്ധ പക്ഷം വരും അത് സ്വീകരിക്കുന്നുണ്ട് രംശത്തിൽ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശങ്കരാചാര്യ പ്രഛന്ന ബൗദ്ധൻ എന്ന് പറയുന്നത് ആത്യന്തികമായി സർവപ്രമാണങ്ങളിൽ നിഷേധിക്കുന്നു വേദത്തെ പോലും നിഷേധിക്കുന്നു ബൗദ്ധന്മാർ വേദനിഷേധകരാണ് അവരും അതിൽ നിന്ന് ഇവിടെ ശങ്കരാചാര്യനും അതുതന്നെ ചെയ്യുന്നു ഒരർത്ഥത്തിൽ വേദത്തെ നിഷേധിക്കുന്നു എങ്ങനെ പാരമാർത്ഥികമായി ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല വേദത്തിലെ കർമ്മകാണ്ഡത്തെല്ലാം ബൗദ്ധന്മാർ നിഷേധിക്കുന്നു അത് ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നു മുഖ്യമായി ഹിംസ ഉണ്ടാക്കുന്നു ശങ്കരാചാര്യ നിഷേധിക്കുന്നു മോക്ഷത്തിന് ചിത്തശുദ്ധിക്കുകയായിരിക്കുന്നല്ലോ കാമ്യകർമ്മങ്ങൾ ത്യജിക്കേണ്ടതാണെന്ന് പറയുന്നു അങ്ങനെ പല അംശങ്ങളിലും ബൌദ്ധ പരമ്പരയോട് യോജിക്കുന്നതുകൊണ്ടാണ് പ്രസന്ന ബുദ്ധിമെന്ന് പറഞ്ഞു അതിനോടുകൂടെയും പറയുന്നു യമാത് അസത്യവ ഘടാതു ഘടാഭാസത ചിത്ത വിജ്ഞാനവാദിനഭ്യുപത തദ് അനുമോദിതം അസ്മാരവി ഭൂതദർശന അസത്യവ ഘടാതു വസ്തുക്കളില്ലാതിരിക്കെ തന്നെ ഘടാദ്യാഭാസത വസ്തുക്കളുടെ അനുഭവം ചിത്ത ചിത്തത്തിനുണ്ടാകുന്നു എന്ന് വിജ്ഞാനവാദിദിന അഭ്യുപകത വിജ്ഞാനവാദി അംഗീകരിച്ചു വസ്തുല്ലാതെ തന്നെ വസ്തുവിന്റെ അനുഭവം ഉണ്ടാവും ചിത്രത്തിൽ തദനുമോദിതം അസ്മാഭിരധി അതിന് ഞങ്ങൾ അദ്വൈതികളും അതിന് അംഗീകരിക്കുന്നു എന്തുകൊണ്ട് ഭൂതദർശന പരമാർത്ഥ ദർശന ഇത് വിജ്ഞാനവാദത്തെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് പല ദർശനങ്ങളെ സംബന്ധിച്ചും അദ്വിതി എന്നെ സ്വീകരിച്ചിട്ടുണ്ട് യോഗത്തിൽ നിന്ന് പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് സാഖ്യത്തിൽ നിന്ന് പല കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് യോഗത്തെ നിഷേധിക്കുമ്പോൾ പറയും യോഗത്തിൽ പറയുന്ന എം മന്ത്യമാതിരി കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് സംഗീതം നിഷേധിക്കുമ്പോൾ പറയും അവിടെ ആത്മാവിൻ്റെ നിർഗുണത്വം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് ന്യായവൈശേഷികന്മാരെ നിഷേധിക്കുമ്പോൾ പറയും അവരുടെ ഈശ്വരാസ്തിത്വം അവരെ സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് അങ്ങനെ ഓരോ ദർശനങ്ങളെയും നിഷേധിക്കുമ്പം തന്നെ അതിൽ നിന്ന് സ്വീകാര്യമായതിനെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് അധ്വാനി അല്ലാതെ മറ്റൊന്നിനോടും ബന്ധപ്പെടാതെ നിൽക്കുന്ന ഒന്നല്ല അധ്വിക ദർശനമൊന്നും കഴിയും ഭാഷയത്തിനും മറ്റും ശങ്കരാചാര്യം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ബൗദ്ധന്മാരെയാണ് അതിന് കാരണം ഓരോ വേദത്തെ നിഷേധിക്കുന്നുണ്ട് പക്ഷെ ആ അത്രയും ശക്തമായി നിഷേധിക്കുന്ന ബൗദ്ധന്മാരുടെ പക്ഷത്തെ തന്നെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ അതിനൊരു ഹേതു പറഞ്ഞെന്താണ് ഭൂതദർശന പരമാർത്ഥദർശന ഭൂതദർശനത്തെ നേരത്തെ വിശദീകരിച്ചു പരമാർത്ഥ ദർശനം എവിടെയും പരമാർത്ഥത്തെ കാണുക വസ്ത്രത്തെ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ പരമാർത്ഥമായ നൂലിനെ കാണുക നൂനനെ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ പരമാർത്ഥമായ അംശുക്കളൊക്കെ നേരത്തെ പറഞ്ഞു ഈ തരത്തിൽ സർവത്ര പരമാർത്ഥ ദർശനത്തെ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നുകൊണ്ട് ഇവിടെ ഈ പ്രതീതികളിലെല്ലാം വസ്തുക്കളെയല്ല കാണുന്നത് വസ്തുക്കളെ പ്രതീതമാകുന്ന ആ വിജ്ഞാനത്തെയാണ് വിജ്ഞാനത്തോട് അനന്യമായിരിക്കുന്നു വസ്തുക്കൾ അതാണ് അവിടുത്തെ ഭൂതദർശനം പരമാർത്ഥദർശനം വിജ്ഞാനത്തിന് വേറിട്ട് വസ്തുക്കളില്ല അത് വിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഭൂതദർശനം പരമാർത്ഥദർശനം ഇതെവിടെയും സ്വീകരിക്കാം തസ്മാ ിത്ത ജായമാനവഭാസത അസത്യവ ജന്മനി യുക്ത ഭവിക്കതോ എന്ന ജായതീ ചിത്തം അതുകൊണ്ട് ആ ചിത്തം അവിടെ ക്ഷണിക വിജ്ഞാനവാദികൾ എന്താണ് പറയുന്നത് ആ ചിത്തം ക്ഷണം പ്രതി ഉണ്ടായി നശിക്കുന്നു ഒരു ക്ഷണം ഉണ്ടാകുന്നു അടുത്ത ക്ഷണം നശിക്കുന്നു ജായമാന അവഭാസത അതിൻ്റെ ഉത്പത്തി അനുഭവപ്പെടുന്നു നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ് ഒരറിവുണ്ടാകുന്നു നശിക്കുന്നു അടുത്ത അറിവുണ്ടാകുന്നു ഒരറിവിൽ ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നു അത് പോകുന്നു അടുത്ത വിഷയത്ത് ആഗ്രഹിക്കുന്നു ജായമാന അവഭാസത ഈ പ്രതീതി ഉണ്ടായി നശിക്കുന്ന ഈ പ്രതീതി ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ബൌദ്ധന്മാർ ക്ഷണിക വിജ്ഞാനവാദത്തെ സ്വീകരിച്ചിരിക്കുന്നത് അസത്യവ ജന്മനിതം ചിത്രം പക്ഷെ ആ ചിത്രത്തിന് വാസ്തവത്തിനങ്ങനെ ഒരു ജന്മമില്ല അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അസത്യമല്ല അതുകൊണ്ട് ചിത്രം ജനിക്കുന്നില്ല നശിക്കുന്നില്ല ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം വിജ്ഞാനവാദിയും അദ്വൈതിയും തമ്മിലെ വ്യത്യാസം വിജ്ഞാനവാദി ചിത്തം ജനിക്കുന്നതായും മരിക്കുന്നതായും കരുതുമ്പോൾ അദ്വൈതി പറയുന്നു ജനന മരണങ്ങൾ ചിത്രത്തിന് ചിത്തം എന്ന് വിജ്ഞാനം ജ്ഞാനം അതിന് സംഭവിക്കുന്നില്ല അതിലാരോപിക്കുക ബുദ്ധിവൃത്തികളുടെ ജനന മരണങ്ങളെ ചിത്തത്തിൽ ആരോപിക്കുകയാണ് ജ്ഞാനത്തിൽ ആരോപിക്കുകയാണ് അല്ലാതെ വാസ്തവത്തിൽ ജ്ഞാനത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന ജായതെ ചിത്തം ചിത്തം ജനിക്കുന്നില്ല യഥ ചിത്തദൃശ്യം ജാതെ അത ചിത്തം പശ്യാനുഃഖിശൂന്യനാത്മവാദിച്ച് തന്നെ ചിത്തന ചിത്തസ്വരുപം ദ്രഷു അശക്ം പശ്യന്ത കെ വേ പശ്യത്തിയേ അദ്വൈവമായിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ നീലപീതാദികൾ അതുണ്ടാകുന്നില്ല വേറിട്ടുണ്ടാകുന്നില്ല ചിത്രത്തിന് വേറിട്ട് സ്വതന്ത്രമായി അതുണ്ടാകുന്നില്ല ചിത്രം തന്നെ തത്ത ചിത്ത ജാതി പശ്യന്തി പക്ഷെ എന്നിട്ടും ആ ചിത്രത്തിന്റെ ജന്മത്തെ കാണുന്നു അതുണ്ടാകുന്നതായി കാണുന്നു വിജ്ഞാനവാദനഹ മനുഷ്യന്റെ ജീവന്റെ സാധാരണമായ അനുഭവത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു ഇതുണ്ടാകുന്നു നശിക്കുന്നു ഉള്ളിന്റെ അറിവുണ്ടാകുന്നു നശിക്കുന്നു ചിത്രം പറയുന്ന അറിവിനെയാണ് അവരെന്ത് പറയുന്നു അനാത്മത്വിച്ച ആ ചിത്തത്തെ എങ്ങനെ കാണുന്നു ക്ഷണികമായി കാണുന്നു ദുഃഖിയായി കാണുന്നു ശൂന്യമായി കാണുന്നു അനാത്മമായി കാണുന്നു ചിത്തത്തെ പരസ്പരം ഭിന്നങ്ങളായി കാണുന്നു മുമ്പെനിക്ക് എന്നൊരറിവുണ്ടായി ഇപ്പൊ വേറൊരു അറിവുണ്ടായി അറിവിന് രണ്ടായി കാണുന്നു അതുപോലെ അറിവിന് സാദൃശ്യത്തെ കാണുന്നു വൈധർമ്മ്യത്തെ കാണുന്നു മുമ്പുണ്ടായ അറിവിന് സദൃശമായ അറിവാണിത് മുമ്പുണ്ടായ അറിവിൽ നിന്നും വിലക്ഷണമായ അറിവാണിത് എന്നിങ്ങനെ സാധർമ്മ്യ വൈധർമ്മ്യങ്ങളെ കാണുന്നു ഇതൊന്നും ശരിയല്ല പറ ഇതൊന്നും ഇല്ലാത്ത ചിത്തത്തിലാണ് ഇതെല്ലാം കാണുന്നത് അതിന് ആരോപം എന്ന് പറയുന്നത് ചിത്രത്തിൽ ക്ഷണികത്വം സുഖിത്വം ദുഃഖിത്വം ഒന്നും വാസ്തവത്തിലല്ലെങ്കിലും അതിന് ആരോപിക്കുന്നു ചിത്തം തന്നെ ആരോപിക്കുന്നു എന്തുകൊണ്ട് മായാലെങ്കിൽ അവിദ്യയുടെ സഹായം കൊണ്ട് ചിത്തേനെ ചിത്തേനെ ചിത്തസ്വരൂപം ദൃഷ്ടും അശക്യം പശ്യന്ത അപ്പൊ ഈ ചിത്തത്തിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ചിത്തം തന്നെ അതേതുപോലെയാണ് ഖേവെ പശ്യന്തിത്തെ പദം പക്ഷാധീനം ആകാശത്തിൽ പറക്കുന്ന പക്ഷികളുടെ കാലടയാളം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അതവിടെ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല ഒരു കാലടയാളം അവശേഷിപ്പിക്കുന്നു അവശേഷിപ്പിക്കാതിരിക്കുക എങ്ങനെയോ കണ്ടെത്താൻ പറ്റും ആ കാലടയാളത്തെ അത് സാധ്യമല്ലേവേ പശ്യന്തിത്തെ പദം പക്ഷാധീനം പക്ഷാധികളുടെ പദത്തെ കാണാൻ കഴിയുന്നില്ല അതുപോലെയാണ് ചിത്തം തന്നെ എന്താണോ ചിത്ത സ്വരൂപത്തെ കാണാൻ ശ്രമിക്കുന്നത് ചിത്തം തന്നെ ചിത്തത്തിന്റെ സ്വരൂപത്തെ കണ്ടിട്ട് പറയുന്നത് ക്ഷണികമാണ് ദുഃഖിയാണ് ശൂന്യമാണ് അത് ആത്മാവല്ല അത് പരസ്പരം ഭിന്നങ്ങളാണ് പരസ്പര സദൃശ്യങ്ങളാണ് എന്നെല്ലാം പറയുന്നത് ആകാശത്ത് പറക്കുന്ന പക്ഷിയുടെ കാലടിപ്പാടുകൾ ഒരാൾ തിരയുന്നത് പോലെയാണ് അത് ഇതരേഭ്യോ വി ദ്വൈതിഭ്യോ അത്യന്ത സാഹസിക അതുകൊണ്ട് ഈ വിജ്ഞാനവാദികൾ മറ്റ് ദ്വൈതികളെക്കാൾ കൂടുതൽ സാഹസികരാണ് വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള അവർ പറയുന്നത് തീരെപ്പുരുത്തപ്പെടാത്തതാണ് സത്യവുമായിട്ട് ചിന്തിക്കാതെ പറയുന്നുണ്ട് ക്ഷണിക വിജ്ഞാനവാദികൾ ശൂന്യവാദി അവർ വരുന്ന സർവവും ശൂന്യം ശൂന്യത്തിൽ നിന്നാണ് ഇതല്ല എന്ന് വന്നുകഴിഞ്ഞാൽ ഏ പി ശൂന്യവാദിന് പശ്യം ദൈവ സർവശൂന്യതാം അവർ സർവശൂന്യതയെ കാണണം ഒരു കൂട്ടർ ക്ഷണികമായ വിജ്ഞാനത്തെ കാണുമ്പോൾ മറ്റു കൂട്ടർ സർവശൂന്യത കാണുന്നു അവരെന്തെയ്യുന്ന സ്വദർശനസ്യശൂന്യത സ്വന്തം വാക്കിന്റെയും ശൂന്യത അവർക്ക് കാണേണ്ടി വരും നിങ്ങൾ എന്തിനാണോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അത് ശൂന്യം എന്ന് പറയേണ്ടി വരും സർവശൂന്യവാദികൾ തോ വിസാഹസിക തരാ അതുകൊണ്ട് ഈ വിജ്ഞാനവാദികളെക്കാൾ സാഹസികരാണ് അവർ വിജ്ഞാനവാദികളുടെ അത്ര പോലും ചിന്തിക്കാത്തവരാണ് ശൂന്യവാദികൾ ആകാശത്തെ കൈക്കൊമ്പിളിൽ എടുക്കാൻ നോക്കുകയാണ് അവർ സ്വന്തം കൈക്കൊള്ളിൽ ആകാശത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നു സർവവ്യാപിയായിരിക്കുന്ന ആകാശത്തെ ഒരു പദാർത്ഥമാണ് തെറ്റിദ്ധരിച്ച് സ്വന്തം കൈ കൊണ്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു അതുപോലെയാണ് അതുകൊണ്ട് വിജ്ഞാനവാദം ശൂന്യവാദം എന്നെല്ലാം പറയുന്നത് പല അംശങ്ങളിലും അദ്വൈതത്തോട് ചേരുമെങ്കിലും അദ്വൈതിക്ക് അതൊന്നും പൂർണ്ണമായും സ്വീകരിക്കാൻ ഇല്ല ശിവനിവാദത്തിനും അദ്വൈതം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അസത്തല്ല അതല്ല അല്ല സദസത്തല്ല സദസുഭയവ് ലക്ഷണമാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഒരു സാഹസികന്മാരാണ് അദ്വൈതത്തെ അവർ കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് സ്വദർശനത്തെ അഭിശൂന്യത പ്രതിജ്ഞാനത്തെ അവരുടെ സ്വദർശനത്തിന്റെ ശൂന്യതയെ പറയുന്നു അവരുടെ വാക്കുകളുടെ ശൂന്യതയെ പറയുന്നു സർവശൂന്യമാണെങ്കിൽ അവരാവഷ്കരിക്കുന്ന സിദ്ധാന്തവും ശൂന്യമായിരിക്കും പിന്നെ അവരെന്തിനെ കുറിച്ച് ആരോട് പറയും സർവ്വശൂന്യമാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് കൊണ്ടാണ് അവരുടെ സാഹസിക തര എന്ന് പറഞ്ഞത് അവർ വ്യർത്ഥമായി പ്രയത്നിക്കുന്നു സ്വസിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനു ശരിയാകത്തില്ലെന്നാണ് അടുത്ത് പറയുന്നത് ആ മുഷ്ടനാഭിജിക്ഷതി ആകാശത്തെ കൈവളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് വിജ്ഞാനവാദവും ശൂന്യവാദവുമായിട്ട് സാധ്യമുണ്ടെങ്കിലും ഇത് വിജ്ഞാനവാദമല്ല ശൂന്യവാദമല്ല എന്നാണ് പറയുന്നത് ൃശ്യം തേ ജാതി പശ്യേ പദം പ്രകൃതിരന്യഥാഭാവോ പല ഭാഗങ്ങളിലും പലരും ധരിക്കുന്നു അതൊരു വലിയ തത്വമായിട്ടാണ് പറയുന്നത് പ്രകൃതിയുടെ മാറ്റം അതൊരിക്കലും സംഭവിക്കുന്നില്ല പ്രകൃതിയുടെ അന്യതാഭാവവും പ്രകൃതിയുടെ അന്യതാഭാവവും ഒരിക്കലും സംഭവിക്കുന്നില്ല എന്ന് അഗ്നി അതിൻ്റെ പ്രകൃതി ഉഷ്ണം അതൊരിക്കലും ശീതമായി മാറുന്നില്ല ദൃഷ്ടാന്തം പറയുകയാണെങ്കിൽ ജലം ശീതമാണ് അതൊരിക്കലും ഉഷ്ണമായി മാറുന്നില്ല വായു ഇളകുന്നതാണ് അതിന് നിശ്ചലമാകാൻ കഴിയത്തില്ല ആകാശം അരൂപിയാണ് അതിന് രൂപിയാകാൻ കഴിയത്തില്ല പൃഥിവി ഗന്ധവത്താണ് അതിന് ഗന്ധരഹിതമാകാൻ ഈ തരത്തിൽ സർവത്ര പ്രകൃതി ഏ വസ്തു അനുസരിക്കുന്നു കാരണം അതാ വസ്തുവിന്റെ സ്വരൂപമായതുകൊണ്ട് ഉഷ്ണം അഗ്നിന്റെ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ ഉഷ്ണത്തെ വിട്ടിട്ട് അഗ്നിക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല അത് ദഹിപ്പിച്ചുകൊണ്ടേ നിലനിൽക്കാൻ കഴിയും അതെവിടെയെങ്കിലും നിലനിൽക്കുമ്പോൾ ഒരു ഇന്ധനത്തെ നിലനിൽക്കുമ്പോൾ ഇന്ധനത്തെ ദഹിപ്പിക്കും അതെന്റെ സ്വഭാവമാണ് അതാണ് ഇവിടെ പറയുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഒന്ന് മനസ്സിലായി ഈ രാജ്യമാണ് എന്ന് പറയുമ്പോൾ അജാതിയെ നിഷേധി അജാതിയെ സമർത്ഥിച്ചു ജാതിയെ നിഷേധിച്ചു ജാതി എന്ന് പറഞ്ഞിവിടെ നമ്മൾ സാധാരണ പറയുന്ന ജാതിയല്ല ജന്മം എന്നാണ് ഉത്പത്തി എന്നാണ് ജാതിക്ക് എങ്ങനെയാണ് സമുദായം ബ്രാഹ്മണത്വാദിജാതി എന്നിവിടെ പറയുന്നു അത് അജമാണ് ഏകമാണ് ബ്രഹ്മമാണ് എന്ന് ശ്രദ്ധിച്ചു യുനരാതോ പ്രതിജ്ഞാതം തദ്ധ അയം ശ്ലോക പറഞ്ഞെന്താണ് ശരിയായ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് കാർപണ്യം എന്നിടത്തെ പറഞ്ഞു ആ കാർപണ്യത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് രാത്രി ശ്ലോക ആ ഫലത്തെ ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വരുന്ന ശ്ലോകങ്ങൾ അജാതമേ ചിത്തം ബ്രഹ്മ രീതി അജാതമായിരിക്കുന്ന ആ ചിത്തം ബ്രഹ്മം അത് തന്നെയാണ് ജനിക്കുന്നതെന്നാണ് വാദികൾ കരുതുന്നത് അജാതം ജായതെ യസ്മാജാതി പ്രകൃതി അജാതം ജായദേസ്മാജാതി പ്രകൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അജാതമായത് ജനിക്കുന്നു അതുകൊണ്ട് പ്രകൃതി അജാതിയാണ് തസ് കഥ തസ്മാത് അജാതരൂപായ പ്രകൃതിയുടെ അന്യതാഭാവോ ജന്മന പതഞ്ജിത് ഭവിഷ്യതി അതുകൊണ്ട് അജാതിയായിരിക്കുന്ന ജനനരഹിതമായിരിക്കുന്ന പ്രകൃതിയുടെ ചിത്തം തന്നെ അജാതരൂപായ പ്രകൃതി ജന്മരഹിതമായിരിക്കുന്ന പ്രകൃതിയുടെ അന്യതാഭാവം ജനന മരണങ്ങൾ ജന്മ എന്ന കഥഞ്ചിൽ ഭവിഷ്യത് ഒരിക്കലും സംഭവിക്കത്തില്ല അതിൻ്റെ സ്വഭാവമാണ് ജനന മരണങ്ങൾ മായയുടെ സ്വഭാവമാണ് അത് അതിനു പെട്ടിരിക്കാൻ അതിനും കഴിയത്തില്ല ജനന മരണങ്ങൾക്ക് അതീതമായിരിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് അതിനെ അതിനു പെട്ടിരിക്കാൻ അതിനും കഴിയത്തില്ല രണ്ടുമെങ്കിലും രണ്ട് ഭാഗത്ത് നിൽക്കും ഒന്ന് ജനന്റെ രഹിതമായിരിക്കും മറ്റൊന്നോ കാണുന്നവന്റെ ദൃഷ്ടിയിൽ ജനനത്തോടു കൂടിയിരിക്കും പരമാർത്ഥത്തിലല്ല അതാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥത്തിൽ ജനിച്ചില്ലെങ്കിലും ജനിച്ചതുപോലെ തോന്നും പരമാർത്ഥത്തിൽ നശിച്ചില്ലെങ്കിലും അത് നശിച്ചതുപോലെ തോന്നും അതുകൊണ്ടാണ് അജാതി പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിക്ക് മാറ്റം സംഭവിക്കാതെ തന്നെ മാറ്റം സംഭവിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് പ്രകൃതിയുടെ അന്യതാഭാവം ഒരിടത്ത് സംഭവിക്കുന്നു ലൗകികമായ ദൃഷ്ടാന്തത്തിലായാലും ശരി പാരമാർത്ഥികമായ ബ്രഹ്മത്തെ സംബന്ധിച്ച ലൗകികമായ ദൃഷ്ടാന്തത്തിനു വേണ്ടിയും ഇത് പറയും പ്രകൃതി അന്യതാഭാവം നവിച്ചിരി ഒരിടത്തും പ്രകൃതിയുടെ അന്യതാഭാവം സംഭവിക്കുന്നില്ല ഒരു വസ്തുവും അതിന്റെ സ്വഭാവത്തെ വിട്ടിട്ട് നിലനിൽക്കുന്നില്ല അത് ലൌകികമായി പോലും ശരിയാണെങ്കിൽ പാരമാണികമായി പറയാനില്ല അജാതിയായിരിക്കുന്ന ഈ പ്രകൃതി അതിന് മാറ്റം സംഭവിക്കുന്നില്ല അജാതിയായിരിക്കുന്ന അജാതി എന്ന് പറയുന്നത് ഈ വിജ്ഞാനത്തിന്റെ സ്വഭാവം തന്നെയാണ് വിജ്ഞപ്തി സ്വഭാവമാണ് അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അജാതര പ്രകൃതി അന്യതാ ഭാവോ ജന്മന കഥഞ്ചി ഭവിഷ്യതിസ് അജാതി പ്രകൃതി പ്രകൃതിയുടെ അന്യഥാഭാവോ അങ്ങനെയാണെങ്കിൽ പിന്നെ സൃഷ്ടി എങ്ങനെ സംഭവിക്കും എന്നാ ചോദിക്കുന്നത് ഈ വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ് അജാതി എങ്കിൽ പിന്നെ സൃഷ്ടി പ്രകൃതിക്ക് മാറ്റം സംഭവിക്കാൻ പരിണാമം സംഭവിക്കാൻ വഴിയില്ല അനാഥേര് അന്തപത്വം സംസാരമോക്ഷ്യു പരമാർസദ്ഭാവവാദി ദോഷ ഉച്ച അയം ചോഷ ഇനി മറ്റൊരു ദോഷം പറയും അജാതി അംഗീകരിക്കാത്തവരുടെ പക്ഷത്തിലോഷം എന്താണോ ആത്മനഹ സംസാരമോക്ഷരമാർത്ഥ സദ്ഭാവവാദന സംസാരം അവിനാശിയാണ് മോക്ഷം വിനാശിയാണെന്ന് കരുതുന്നു അതും ശരിയല്ല ഇനി മറിച്ച് സംസാരവും മോക്ഷവും സത്യമാണ് എന്ന് വരുന്നത് അതും ശരിയല്ല അനാദേഹേ അതീത കോടിരഹിത അന്തപത്വം സമാപ്തരുന്ന സേശ്വരി ഈ സംസാരത്തെ അനാദിയായി സ്വീകരിച്ചു കഴിഞ്ഞ അതീത കോടിരഹിത ഒരാരംഭമില്ലാത്ത സംസാരം അതിന്റെ സമാപ്തരണി യുക്തത അതിന് അവസാനവും പറയാൻ പറ്റത്തില്ല ആരംഭമില്ലാത്ത ഇങ്ങനെ അവസാനിക്കും യുക്തി നോകയാ സ്ഥിതി ആരംഭമില്ലാത്ത ഒന്നിന് അവസാനം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സംസാരം അനാദിയാണെന്ന് പറയുന്നത് ശരിയല്ല അനാദിസ്ഥൻ അന്തവാൻ കച്ചു പദാർത്ഥവും ദുഷ്ടോലോ ലോകത്തിനേതെങ്കിലും ഒന്നിനെ കാണിച്ചു തരിക അതിനാദിയില്ല എന്നാണ് നശിക്കുന്നതാണ് തുടക്കമില്ല എന്ന ഓടക്കമുണ്ട് അങ്ങനെ ഒന്നും കാണാൻ കഴിയത്തില്ല ബീജാങ്കുര സംബന്ധ നൈരന്തര്യ വിച്ഛേദോ ദിഷ്ട പറയുന്നു ഒരു പക്ഷെ പറയുന്നു ബീജാങ്കുരത്തെടുക്കുക ബീജാങ്കുരം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ നൈരന്തര്യത്തിന്റെ വിച്ഛേദം കാണാം ഒരു ബീജോങ് നശിച്ചു പിന്നെ അതിനൊന്നും പക്ഷെ ഉണ്ടാകുന്നില്ല അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബീജാങ്കുര നൈരന്തര്യത്തിന് നിശ്ചയത സംഭവിക്കുന്നതായി കാണുന്നുണ്ടല്ലോ അപ്പോൾ അനാഥി നശിക്കാമല്ലോ ഈ ബീജവും അങ്കുലും എന്നാ തുടങ്ങിയത് പറയാൻ പഠിക്കുന്നത് പക്ഷെ ഒരിടത്തും ഒരു ബീജത്തെ സൃഷ്ടിക്കാതെ വൃക്ഷം നശിച്ചാൽ അവിടെ വെച്ചത് അവസാനിച്ചു മറിക്ക സംഭവിക്കാം വൃക്ഷത്തെ സൃഷ്ടിക്കാതെ ബീജവും നശിക്കും ഇത് ചെയ്യുന്ന ശരിയല്ല എന്താണ് ഏകവസ്ത്വഭാവേന അപ്പോ അത്രയും ഒരു വാദത്തെ തന്നെ നിഷേധിച്ചതാണ് ഈ ബീജാങ്കുല പ്രവാഹം അത് ഒരു വസ്തുവല്ല എന്ന് നേരത്തെ പറഞ്ഞു ബീജാങ്കര രൂപത്തിലിതിങ്ങനെ ഒരു പ്രവാഹമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു വസ്തുവായി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു വസ്തു അനാദിയായിട്ട് നിലനിൽക്കുന്നില്ല ഏക വസ്തു അഭാവേന അത് ഏക അത് നിഷേധിച്ചതാണ് കഥ അനന്തതാപി വിജ്ഞാനപ്രാപ്തി കാലപ്രഭുവ മോക്ഷസ്യാദിമൂന ഭവിഷ്യ മോക്ഷം അതിനെക്കുറിച്ച് എളുത് പറയുന്നത് എന്താണ് അത് ബൗദ്ധന്മാരും മറ്റും പറയുന്നു വിജ്ഞാനം നേടുന്നു വിജ്ഞാനപ്രാപ്തി കാലപ്രഭു മോക്ഷമുണ്ടാകുന്നു വിജ്ഞാനം നേടാത്തതുവരെ മോക്ഷം വിജ്ഞാനത്തെ പ്രാപിക്കുമ്പോൾ മോക്ഷം നേടുന്നു അതും ശരിയല്ല എന്ത് വിജ്ഞാനത്തെ നേടിയപ്പോൾ മോക്ഷമുണ്ടായി മോക്ഷത്തിന് ആദ്യം വന്നു ഒരു തുടക്കം ഉണ്ടെങ്കിൽ ആ മോക്ഷം നശിക്കുകയും വേണം നിങ്ങൾ നേടിയ വിജ്ഞാനം നശിക്കുമ്പോൾ മോക്ഷവും നശിക്കും അതുകൊണ്ട് സംസാരം അനാദിയാണെന്ന് കരുത് എങ്ങനെയാണോ അസംബന്ധമായിരിക്കുന്നത് അതുപോലെ മോക്ഷത്തെ നേടുന്നതാണ് എന്ന് കരുതുന്നു അസംബന്ധമാണ് പിന്നെന്താ ഈ മോക്ഷം എന്ന് പറയുന്നത് അത് ആ വിജ്ഞപ്തി സ്വരൂപം തന്നെ വിജ്ഞപ്തി എന്നും നിലനിൽക്കുന്നു അതും മോക്ഷം ഇതുവരെ സംഭവിച്ചില്ല മോക്ഷം എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് സംഭവിക്കുക എന്ന് വെച്ചാൽ ഉത്പന്നമാകുന്നത് മോക്ഷം ഉത്പന്നമാകുന്ന ഒന്നാണ് എന്ന് മോക്ഷത്തെ പ്രതീക്ഷിച്ചിരിക്കും നടത്താണത് വർഷം അതങ്ങനെ ഉത്പന്നമാകുന്ന ഒന്നല്ല അതാണ് മോക്ഷസ്യ ആദിമത്വം മോക്ഷത്തിനൊരു ആദിമത്വം അതില്ല ആദ്യമുള്ളത് നിലനിൽക്കത്തില്ല കണ്ടാധിഷ്ഠോദരസന പദാർത്ഥങ്ങൾ നമുക്ക് കാണാം ആദ്യമുള്ളതെല്ലാം നശിക്കുന്നു പിന്നെന്തായി മോക്ഷം അത് വിജ്ഞപ്തി സ്വരൂപം തന്നെ മോക്ഷം പിന്നെന്താ അതിന് തടസ്സം മായ അത് മാറുന്നതേയുള്ളൂ അല്ല മോക്ഷത്തിലൊന്നും ആർജിക്കുന്നില്ല മോക്ഷത്തിലൊന്നിനി നിരാകരിക്കുന്നുമല്ല രണ്ട് സംഭവിക്കുന്നു നിരാകരിക്കണമെന്ന് എന്ത് വേണം നിരാകരിക്കേണ്ടതായ സത്യമായ ഒരു വസ്തു അവിടെ വേണം മോക്ഷത്തിന് തടസ്സമായതിരിക്കുന്ന ഒന്നിനെ എടുത്തു മാറ്റണം ഇല്ലാതാക്കണം അങ്ങനെ മോക്ഷത്തിന് തടസ്സമായി ഒരു വസ്തു നിലനിർത്തുക അതുകൊണ്ട് തന്നെ നിരാകരിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ എന്തെങ്കിലും ഒന്ന് ആർജിക്കാനുണ്ടോ ആർജിക്കാനും നിരാകരിക്കാനും അത് ജപ്തി സ്വരൂപമാണ് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതാണ് മുമ്പ് പറഞ്ഞെന്താണ് ബന്ധം ബന്ധം ന മോക്ഷം ബന്ധവും മോക്ഷവും ഇല്ല പരമാർത്ഥത്തിൽ പക്ഷെ ഉണ്ടെന്ന് ഭ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ഘടാതി വിനാശവത് അവസ്തുത്വ അതോ ഷീതി ചെയ്ത് അവിടെ ഇനി മോക്ഷമെന്ന് പറയുന്നതിനെ കുറിച്ച് ഇനി വേറെന്ന് പറയും ഇവിടെ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു ജന്മങ്ങളുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം നാശമാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ അതും ശരിയാണ് കിട്ടാതെ വിനാശ അവസ്തുത്വ അങ്ങനൊരു വസ്തുവായിട്ട് എടുക്കണ്ട നാശമായിട്ടെടുത്താൽ മതി അഭാവമായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല അതൊരു നാശവുമല്ല ഭക്ഷാതി വിനാശം അവസ്തത്വത ദോഷം നാശം എന്ന് തോന്നുകഴിഞ്ഞാലുള്ള സുഖം എന്താണ് പിന്നെ അത് നശിക്കത്തില്ല അതാണ് നാശത്തിനങ്ങനെ നശിക്കാൻ പറ്റും ഒന്ന് സ്വയം നാശമായിരിക്കുക അതിനെ നശിക്കാൻ കഴിയത്തില്ല ഇനി അങ്ങനെ സങ്കല്പിച്ചാലോ ഒരിക്കലും നശിക്കാത്ത നാശമായി അതാണ് നാശത്തെ ധ്വംസത്തെ ധ്വംസരഹിതം എന്ന് പറയുന്നത് ന്മാരും പറ്റും അനന്തം എന്ന് പറയുന്നത് അത് ശരിയല്ല തഥാഗി സതി മോക്ഷത്തിയ പരമാർത്ഥ സദ്ഭാവ പ്രജ്ഞാഹനം പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനല്ല മോക്ഷം തൃക്കാലബാധിതമാണ് തൃക്കാലാതീതമാണ് അസത്യമാണ് മോക്ഷത്തെ പരും നാശമായിട്ടും ഗ്രഹിക്കാം അപ്പൊ സത്യമാണെന്നാണ് പറയുന്നത് ആചാര്യൻ പറഞ്ഞത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രശ്നെല്ലാം ദോഷം വരും അതുകൊണ്ട് അതിനൊരു നാശമായിട്ട് സ്വീകരിക്കാൻ വയ്യ അസത്വ ദൈവ സശാണ ശിവ ആദിമത്വഭാവ എങ്ങനെയാണോ അസത്തായിരിക്കുന്ന ശശഭിക്ഷാണെന്നും അതിന് ജന്മമില്ലാത്തത് അതുപോലെ മോക്ഷത്തിനും ആദിയില്ല അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം അപ്പോ ഇതിന് ആദിയില്ല ഇതിന് അന്തവുമില്ല ആദ്യന്തരഹിതമായ ആത്മസ്വരൂപം തന്നെയാണ് മോക്ഷം പിന്നെന്താ മോക്ഷത്തിന് തടസ്സം മായ മാറാത്ത മാത്രമാണ് തടസ്സം മായ എന്ന് പറയുന്നത് അത് അവസ്തുവാണ് വസ്തുവല്ല അവസ്തുവായിരിക്കുന്ന മായയുടെ മാറ്റം അത് മാത്രമേ ഉള്ളൂ ഇവിടെ മോക്ഷത്തിന് അല്ലാതെ പറഞ്ഞു വരുന്നത് എന്താണ് ഈ വിജ്ഞപ്തിയിൽ നിന്ന് വേറിട്ട് ഏതെങ്കിലും ഒരു സത്യവസ്തു മോക്ഷത്തിന് തടസ്സമല്ല മോക്ഷത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു സത്യവസ്തുവിനും മാറ്റേണ്ട ആവശ്യം അങ്ങനെ മാറിയാൽ വരുന്ന ശൂന്യതയല്ല മോക്ഷം അല്ലെങ്കിൽ അത് ശശ്യവിഷാണം പോലെ അസത്വമല്ല അത് ആത്മസ്വരൂപം തന്നെ ആത്മസ്വരൂപം നശിക്കാത്തതായ ആത്മസ്വരൂപം അതിൽ നിന്ന് വേറിട്ട് മറ്റൊന്നുമില്ലാത്തതായ ആത്മസ്വരൂപതാണ് മോക്ഷം അതിന് പരമാർത്ഥത്തിൽ തടസ്സമില്ല അതിന് തടസ്സമുണ്ടെന്ന് ഭ്രമിക്കുകയാണ് ആ ഭ്രമം മാറുക അത്രയുള്ളൂ അതെങ്ങനെ മാറുന്നു ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപജ്ഞാനം കൊണ്ട് പ്രകാശം കൊണ്ട് ഇരുട്ട് മാറുന്നത് പോലെ ഇരുട്ട് അവസ്തുവാണ് വസ്തുവല്ല അനുവചനീയമായ അവസ്തുവാണ് അത് പ്രകാശം കൊണ്ട് മാറുന്നത് പോലെ ഇവിടെ ആചാര്യൻ ബോധിപ്പിക്കുന്ന പരമാർത്ഥജ്ഞാനം കൊണ്ട് മായ മാറും അല്ലാതെ അവിടെ വാസ്തവത്തിൽ മാറേണ്ടതായിട്ടൊന്നുമില്ല മാറ്റേണ്ടതായിട്ടൊന്നുമില്ല അതാണ് മോക്ഷത്തിന്റെ സ്വരൂപം എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അതിന് ആദ്യ അന്തങ്ങളല്ല അനന്ത ആദ്യമതോ മോക്ഷസ് എന്ന ഭവിഷ്യത് മറിഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മോക്ഷം ആദ്യ അന്തങ്ങളുള്ളതായിത്തീരും അതുകൊണ്ടിവിടെ അദ്വൈതി ഒരു തരത്തിലുള്ള മറ്റൊരു സങ്കല്പത്തിനുള്ള മോക്ഷത്തെ അംഗീകരിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ മോക്ഷവും സങ്കല്പത്തിലുള്ളതാണ് ആർജിക്കുന്ന മോക്ഷമാണ് നഷ്ടപ്പെടാകുന്ന മോക്ഷമാണ് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല അനന്ത മോക്ഷ ഭവിഷ്യതി